പുതിയ ദിവസം നമുക്ക് തന്നിരിക്കുന്ന ഈ പുതിയ ശുശ്രൂഷയെ കുറിച്ചാണല്ലോ തുടക്കം മുതൽ നാം കേട്ടുകൊണ്ടിരുന്നത് മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിത എങ്ങനെയാണ് കർത്താവ് നിർവഹിച്ചതെന്ന് നാം കേട്ടു ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ നാം ഈ മൽക്കി സദേക്കിന്റെ ഈ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമെന്ന് നാം ചിന്തിക്കാനായിട്ട് ചുരുക്കമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്ര ദിവസം അധ്യായത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവ പൈതല് ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇന്ന് കേട്ട വചനം നമുക്ക് എങ്ങനെയാണ് അപ്പോഴേക്ക് ബ്ലാകുക എന്നതിനെപ്പറ്റി പത്ര ഒരു സൂചന നമുക്ക് തരുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ രണ്ടിന്റെ അഞ്ചില് ഇങ്ങനെ പറയുന്നു നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കുവാനത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും നമുക്ക് വെച്ചിരിക്കുന്ന ഈ പൗരോഹിത ശുശ്രൂഷ എന്തിനാണ് പ്രാഥമികമായിട്ടും ഒരു ആത്മീയ ഗ്രഹമായ ഒരു സഭയായി നോക്കുക അവിടെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കാൻ അതെന്താണെന്ന് നമുക്കറിയാം ഇന്ന് നാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇടിവിലല്ല മറിച്ച് നമ്മുടെ തന്നെ ഇഷ്ടങ്ങളെ യാഗപീഠത്തിൽ വെക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് നിൽക്കുക എന്നെ തന്നെ അല്ലേ നമ്മൾ റോമാലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവിക താല്പര്യങ്ങളെ യേശുവിൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ഇഷ്ടമല്ല നിരന്തരം നിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന ആ ഒരു യാഗ ശുശ്രൂഷയാണ് നമുക്ക് അതിനായിട്ടാണ് നാം പണിയപ്പെടുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത് അതിനായിട്ട് പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു അതൊന്ന് രണ്ടാമതും ഒരു ഉദ്ദേശം നമ്മൾ ഒമ്പതാം വാക്യത്തിൽ കാണുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും നമുക്ക് യേശുവിനെ ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമ്മ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷിയാണ് അല്ലെ നമ്മളെ ഈ നമ്മളെ ഇറക്കിക്കൊണ്ടുവന്ന അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ കത്താവിനെ നമുക്ക് നമ്മളിന്ന് തുടക്കത്തിലൊക്കെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയാത്ത പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ സാക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് അതിനെ നമ്മളെ യോഗ്യമാക്കുന്ന ഒരു ശുശ്രൂഷിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടർത്ഥത്തിലും ഈ ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാ പ്രാധാന്യം തന്നെ കത്താവ് എങ്ങനെയാണ് ഈ ശുശ്രൂഷ നിവർത്തിച്ചത് എന്ന് തുടക്കത്തിൽ കേട്ടത് ഒരിക്കൽ കൂടെ ചുരുക്കമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹിബ്രായ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു ആ അഞ്ചിൻ്റെ ആറ് ഇന്ന് വായിച്ചത് കേട്ടതുപോലെ നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിൽ നിന്നും കേട്ടതിൻ്റെ തുടർച്ചയെന്നവണ്ണം നീ മൽക്കി സദക്കിൻ്റെ എന്നേക്കും ഒരു പുരോഹിതൻ ആകുന്നു എന്ന് പറയുന്നു നമുക്ക് അവിടെ ആറാം അധ്യായം ആറാം വാക്യം അഞ്ചിൻ്റെ ആറ് ഹിബ്രായ് ലേഖനം അഞ്ചിൻ്റെ ആറ് അങ്ങനെയാണ് പറയുന്നത് അവിടെ പത്താം വാക്യലിഖ്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക അതിന് ചെറിയൊരു മാറ്റം വന്നു മൽക്കി സദേക്കിൻ്റെ മഹാപുരോഹിതൻ എന്നുള്ള നാമം ദീപത്തർ നമുക്ക് ആറിൻ്റെ ആറിലും നമ്മൾ നൂറ്റിപ്പത്താം സങ്കീർത്തനൊക്കെ കാണുമ്പോൾ ദൈവം കൊടുത്ത ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചത് നീ എന്നേക്കും ഒരു പുരോഹിതൻ എന്നുള്ള കാര്യം അവിടെ പറയുമ്പോൾ പത്താം വാക്യത്തിൽ വീണ്ടും നാം കാണുന്നു മൽക്കീസതേഖ് ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചു മരിക്കുന്നു അപ്പോൾ ഇതിനിടയിലൊരു കാര്യം സംഭവിച്ചു എന്താണ് ഈ പുരോഹിതൻ എന്നുള്ള നിത്യ എന്നേക്കുമുള്ള പുരോഹിതനെങ്ങനെയാണ് എന്നേക്കുമുള്ള മഹാപുരോഹിതനായി മാറിയത് എന്നുള്ളതാണ് ഏഴും എട്ടും ഒമ്പതും നാം വായിക്കുന്നത് അതാണ് അതിനിടയിൽ നമ്മൾ വായിക്കുന്ന ക്രിസ്തു ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ തീർന്നു നോക്കുക കർത്താവിൻ്റെ പൗരോഹിത്യത്തിന്റെ മനോഹരമായ ഒരു ഒരു ചിത്രമാണത് ആ മഹാപുരോഹിതൻ എന്ന ഒരു കാര്യത്തിലേക്ക് വന്നത് ഒമ്പതാം നോക്കിയത് തന്നെ അനുസരിക്കുന്ന ഏവർക്കും വിശ്വസിച്ച് തന്റെ പാപത്തിന്റെ പകരക്കാരൻ എന്ന കത്താവിനെ എണ്ണുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ആ രക്ഷാകര ദൗത്യം കർത്താവ് പൂർത്തിയാക്കുന്നത് അതിനു മുമ്പുള്ള മുപ്പത്തിമൂന്നര വശത്തെ തൻ്റെ ജീവിതത്തിൻ്റെ നോക്കുക ഒരു ഒരു എത്ര മനോഹരമായ ആ നിലവിളി ആ കണ്ണുനീര് ആ അപേക്ഷ അഭയാചന പ്രിയപ്പെട്ടവരുടെ നാമം ഒരു പുരോഹിത ശുശ്രൂഷയ്ക്കായിരുന്നു നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചതുപോലെ കത്താവനെ പ്രതിഫലിപ്പിക്കുവാൻ കത്താവിൻ്റെ ജീവനിലേക്ക് കടന്നു വരാൻ എന്നെ തന്നെ യാഗമാക്കുന്ന ഒരു ശുശ്രൂഷയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഈ കണ്ണുനീരൻ്റെ ഈ നിലവിളിയുടെ ഈ അഭയാചനയുടെ അപേക്ഷയുടെ അവിടെയാണ് അങ്ങനെയാണ് കർത്താവ് പ്രാപിച്ചതാണ് അതാണ് ഏഴാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഏഴാം അധ്യാപ്രായ അവസാന വാക്യം എങ്ങനെയാണ് പറയുന്നത് ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പങ്കാപു പുരോഹിതരാക്കുന്നു ന്യായപ്രമാണത്തിന് പിമ്പുള്ള അതായത് ന്യായപ്രമാണത്തിന് ശേഷമുള്ള ഈ ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു സൺ മെയ് പെർഫെക്റ്റ് മെയ് പെർഫെക്റ്റ് ഫോർ അവർ അതിന് താൻ ഇവിടെ വ്യത്യാസം താൻ ട്രൈ ചെയ്യപ്പെട്ടായി ദൈവം ഒരിക്കലും ദൈവം ഒരിക്കലും പരീക്ഷിക്കപ്പെടുന്നില്ല അതേസമയം താൻ ഒരു പൂർണ്ണ മനുഷ്യനും കൂടിയായി താൻ പൂർണ്ണ ദൈവമായിരിക്കേ നമ്മെ ഒരു പൂർണ്ണ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് താൻ പരീക്ഷിക്കപ്പെട്ട് ഇവിടെ നോക്കുക എന്നേക്കും തികഞ്ഞവനായി തീർന്ന കർത്താവിൻ്റെ മാതൃക എത്ര മനോഹരമായൊരു മാതൃകയാണ് നമുക്ക് പിൻപറ്റുവാൻ ഞാനും ഈ വഴിയിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഈ കേട്ട വചനം വളരെ റെലവൻ്റാണ് നമ്മൾ നമ്മെ ഇന്ന് കേൾപ്പിച്ചത് കാരണം മെൽക്കീ സദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയ നിയമത്തിൻ്റെ ആശുസൂഷ നമ്മൾ ഓരോരുത്തരും ദൈവം തികയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ കത്താവ പൗരോഹിത്യ ശുശൂഷ തികച്ച വഴി നമുക്ക് കൂടുതൽ ആവശ്യമാണ് ദൈവം നമുക്ക് സഹായിക്കും